നിയന്ത്രിക്കുന്ന മഹന്തായ പാലക്കാട് സൈദാജന്യമാക്കുന്ന ബഹുമരായുക്കളെ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഏറെ ശ്രദ്ധേയമായ സന്ദേശം സമൂഹ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് രണ്ടു മാസക്കാലത്തെ വിപുലമായ ക്യാമ്പയിനാണ് ഇവിടെ ബഹുമാനായ തങ്ങളവുകൾ വിഘാടനം നിർവഹിച്ചത് സുബൃതയുടെ സമുദ്ധരണത്തിന് എന്ന സന്ദേശം മഹന് തലങ്ങളിൽ ക്ലസ്റ്റർ മേഖല ജില്ലാ തലങ്ങളിൽ വൈവിധ്യമാറുന്ന പ്രവർത്തന പദ്ധതികളോടെയാണ് നാം വിഭാവനം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് ഏതാനും സമയങ്ങൾക്ക് ശേഷം ഇവിടെ ചില ബോംബുകൾ കൊട്ടാൻ പോയി വലിയ ഭൂകമ്പം ശാന്ത സംഭവിക്കാനുള്ള തുടക്കം ഇവിടെ കുറിക്കുകയാണ് ഏത് ഭൂകമ്പവും അതിന്റെ എസ് പ്രഭാ കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഉണ്ടാക്കേണ്ടത് അകലങ്ങളിലുമാണ് ഇവരെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പ്രതിഫലം ഉണ്ടാവേണ്ടത് കേരളത്തിലെ മുഴുവൻ മഹലകളിലുമാണ് കേരളം മുഴുക്കെയാണ് ഈ സന്ദേശം വളരെ കൃത്യമായി ഓരോ മനുഷ്യ മാനസങ്ങളിലും അതിൻ്റെ സ്വാധീനം ചെലുത്തക്ക വളരെ ശക്തമായ സ്വതന്ത്ര പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരുവാൻ ശാഖാതലം മുതലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർദ്ധാവണമെന്നാണ് സാധാരണയായ ക്യാമ്പയിനെന്ന് വ്യത്യസ്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ട ഓരോരുത്തരും മുൻചേറ്റേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിന്റെ പിന്നിൽ ഈ ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ എന്താവണം എന്നാണ് ഇതില് പ്രധാനമായും നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ സൈബർ ക്രൈം കുടുംബങ്ങളുടെ ശൈഥല്യം അച്ചടക്ക രാഹിത്യം ലഹരിയുടെ ഉപയോഗം കുറ്റകൃത്യങ്ങൾ മഹന്റെ തലങ്ങളിൽ ചില കേന്ദ്രങ്ങൾ തുടർന്നു വരുന്ന ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും തുടങ്ങിയ വിഷയങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് ഫലപ്പെടണമെങ്കിൽ ഇന്നു മുതൽ ഇൻഷാള്ള നാം ഓരോരുത്തരും വളരെ താല്പര്യത്തോടുകൂടി നമ്മൾ ഇറങ്ങണമെന്നാണ് സൂചിപ്പിക്കേണ്ടത് ശാഖാ തലങ്ങളിൽ പ്രധാന പ്രവർത്തനങ്ങൾ ക്യാമ്പയിൻ വിശദീകരിച്ചുകൊണ്ട് ഓരോ മഹലിലും ഓരോ ശാഖയിലും പ്രഭാഷണങ്ങൾ നടത്തേണ്ടതുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബ സംഗമങ്ങളും വീടുകൾ കേന്ദ്രീകരിച്ച് സ്ക്വാഡ് വർക്കറും എല്ലാ വീട്ടുകാരെയും ഉൾപ്പെടുത്തിയുള്ള ഡോക്യുമെന്ററി പ്രദർശനവുമാണ് ശാഖാ തലങ്ങളിൽ പ്രധാനമായി നടക്കേണ്ടത് മാത്രല്ല ഈ ക്യാമ്പയിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും നല്ല വാർത്താ പ്രാധാന്യം രൂപത്തിൽ വാർത്തകൾ നൽകി ഇതിന്റെ പ്രാധാന്യം ബോധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് ക്ലസ്റ്റർ തലങ്ങളും കഷ്ടത്തിൽ നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടത് അത് ശാഖാചനങ്ങളുടെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വൺ ഡേ ക്യാമ്പായെന്നാണ് മറ്റു വിഷയങ്ങളൊക്കെ പിന്നീട് സംസ്ഥാന കമ്മിറ്റി സർക്കാർ മുഖ്യങ്ങൾ കമ്മിറ്റി സമ്മേളനമാണ് മേഖലാ റാലിയും സമ്മേളനവും ക്യാമ്പയിന്റെ ഏറ്റവും ആകർഷകമായ വേണ്ട മേഖലയിലെ മുഴുവൻ പ്രവർത്തകരും അനുഭവികളും റാലിയിൽ അണിനിരക്കാൻ ആവശ്യമായ പ്രചാരണങ്ങൾ നടത്തണം ക്യാമ്പയിന്റെ ഭാഗമായി മേഖലയിലെ ക്യാമ്പസുകളിൽ ദർസ കോളേജുകൾ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ഈ സന്ദേശം എത്തിക്കുവാനും മേഖലാ റാലിക്കും സമ്മേളനത്തിനും പ്രവർത്തകരെ സജ്ജമാക്കുവാനുമുള്ള പ്രവർത്തന പദ്ധതികൾ ഉൾപ്പെ മേഖലാ സമ്മതം മുമ്പായി മേഖലാ റാലിയും സമ്മേളനവും നടത്തേണ്ടതുമാണ് സമ്മേളന നഗരിക്ക് മേഖലാ പരിധിയിൽ പെടുന്ന പഴയ സമസ്തയുടെ സമസ്ത നേതാക്കളുടെ പേര് നൽകുവാനും സമ്മേളനത്തിൽ അവരുടെ പുതിയ തലമുറ പേക്ക് പരിചയപ്പെടുത്തുന്ന വിധം അനുസ്മരിക്കേണ്ടതുമാണ് ജില്ലാ കമ്മിറ്റിയുടെ ഈ പ്രവർത്തനം ജില്ലാതല പ്രചരണോദ്ഘാടനം സെപ്റ്റംബർ പതിനഞ്ച് മുമ്പ് നടത്തേണ്ടതുണ്ട് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ കീഴടങ്ങൾ യഥാസമയം നിർവഹിക്കുന്നു എന്ന് ജില്ലാ കമ്മിറ്റി നിരീക്ഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ക്യാമ്പയിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നേരത്തെ ബഹുമതരായ നേതാക്കൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും സന്ദേശം കൃത്യമായി ഫലപ്രാപ്തിയോടുകൂടി മഹല്ലുതലങ്ങൾ ശാഖാദലിൽ നിന്ന് എത്തിപ്പെടുകയാണ് സമസ്ത കേരള ജമ്മത്തിലുമായയുടെ ആശയങ്ങൾക്ക് പരിഗണന നൽകുന്ന പ്രഥമ പരിഗണന നൽകുന്ന പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുപോകാനെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ക്യാമ്പയിന്റെ ഭാഗമായുണ്ട് അതിന് ഇവിടെ ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന പരിപാടിയിലും അനുബന്ധമായി നടക്കുന്ന നാം പ്രതീക്ഷിക്കുന്ന മറ്റു പരിപാടികളുമൊക്കെ പങ്കെടുത്ത് പിരിഞ്ഞു ഇനി അടുത്ത ബോംബിനു വേണ്ടി കാത്തിനിൽക്കാതെ ഈ ബോംബിന്റെ അംഗണങ്ങൾ ഇവിടെ ഇന്ന് സംഭവിക്കാവുന്ന ഭൂകമ്പത്തിന്റെ അനുരാംഗങ്ങൾ മഹന്റെ തലങ്ങൾ എത്തിപ്പെടുവനു വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി ഈ വന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരും ആത്മാർത്ഥയോടുകൂടി ഇതിനെ മുൻചേറ്റണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബാഹുൽ ദവാൻ അലഹദിഹിമീൻ സ്ലാമാൻ